അധ്യായം പത്തൊമ്പത് മറിയം മക്കയിൽ അവതരിച്ചത് മറിയമിൻ്റെയും മകൻ ഈസാനബിയുടെയും ചരിത്രം പതിനാറ് മുതൽ മുപ്പത്തിനാല് കൂടിയുള്ള വചനങ്ങളിൽ വിവരിച്ചിട്ടുള്ളതിനാലാണ് ഈ അദ്ധ്യായത്തിന് മറിയം എന്ന് പേർ നൽകപ്പെട്ടത് സ്വാ നിന്റെ രക്ഷിതാവ് തന്റെ ദാസനായ ചെയ്ത അനുഗ്രഹത്തെ സംബന്ധിച്ചുള്ള വിവരണമത്രേ ഇത് إذ نادا ربه نداءً خفيا عد آياد دي. عد ديهم تنڈ ركشي دعوين بدوك فيلش براغتش صنعر قال رب إني و هنالعظم منني واشتعال الرأس شايبا ولم أكم بدعائك رب شقي عد ديهم پرنجو എന്റെ രക്ഷിതാവെ എൻ്റെ എല്ലുകൾ ബലഹീനമായി കഴിഞ്ഞിരിക്കുന്നു തലയാണെങ്കിൽ നരച്ചു തിളങ്ങുന്നതായിരിക്കുന്നു എൻ്റെ രക്ഷിതാവേ നിന്നോട് പ്രാർത്ഥിച്ചിട്ട് ഞാൻ ഭാഗ്യം കെട്ടവനായിട്ടില്ല എനിക്ക് പുറകെ വരാനുള്ള ബന്ധുമിത്രാദികളെപ്പറ്റി എനിക്ക് ഭയമാകുന്നു എൻ്റെ ഭാര്യയാണെങ്കിൽ വന്ധ്യയുമാകുന്നു അതിനാൽ നിന്റെ പക്കൽ നിന്ന് നീ എനിക്ക് ഒരു ബന്ധുവെ അഥവാ അവകാശിയെ നൽകേണമേ എനിക്കവൻ അനന്തരാവകാശിയായിരിക്കും കുടുംബത്തിനും അവൻ അനന്തരാവകാശിയായിരിക്കും എന്റെ രക്ഷിതാവെ അവനെ നീ ഏവർക്കും തൃപ്തിപ്പെട്ടവനാക്കുകയും ചെയ്യണമേ ഹേരീയ തീർച്ചയായും നിനക്ക് നാം ഒരു ആൺകുട്ടിയെപ്പറ്റി സന്തോഷവാർത്ത അറിയിക്കുന്നു അവൻ്റെ പേർ എന്നാകുന്നു മുമ്പ് നാം ആരെയും അവൻ്റെ പേര് ഉള്ളവരാക്കിയിട്ടില്ല അദ്ദേഹം പറഞ്ഞു എന്റെ രക്ഷിതാവേ എനിക്കെങ്ങനെ ഒരു ആൺകുട്ടിയുണ്ടാകും എന്റെ ഭാര്യ വന്ധ്യയാകുന്നു ഞാനാണെങ്കിൽ വാർദ്ധക്യത്താൽ ചുക്കിച്ചുളിഞ്ഞ അവസ്ഥയിലെത്തിയിരിക്കുന്നു അള്ളാഹു പറഞ്ഞു അങ്ങനെ തന്നെ മുമ്പ് നീ യാതൊന്നുമല്ലാതിരുന്നപ്പോൾ നിന്നെ ഞാൻ സൃഷ്ടിച്ചിരിക്കേ ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു നിസ്സാര കാര്യം മാത്രമാണ് എന്ന് നിന്റെ രക്ഷിതാവ് പ്രഖ്യാപിച്ചിരിക്കുന്നു ഓലോയ പറഞ്ഞു നീ എനിക്ക് ഒരു ദൃഷ്ടാന്തം ഏർപ്പെടുത്തി തരണമേ അള്ളാഹു പറഞ്ഞു നിനക്കുള്ള ദൃഷ്ടാന്തം വൈകല്യമൊന്നും ഇല്ലാത്തവനായിരിക്കന്നെ ജനങ്ങളോട് മൂന്ന് രാത്രി നീ സംസാരിക്കാതിരിക്കലാകുന്നു അങ്ങനെ അദ്ദേഹം പ്രാർത്ഥനാ മണ്ഡപത്തിൽ നിന്ന് തന്റെ ജനങ്ങളുടെ അടുത്തേക്ക് പുറപ്പെട്ടു എന്നിട്ട് നിങ്ങൾ രാവിലെയും വൈകുന്നേരവും അള്ളാഹുവിൻ്റെ പരിശുദ്ധിയെ പ്രകീർത്തിക്കുക എന്ന് അവരോട് ആംഗ്യം കാണിച്ചു ഹേ യഹ്യ വേദഗ്രന്ഥം ബലമായി സ്വീകരിച്ചു കൊള്ളുക എന്ന് നാം പറഞ്ഞു കുട്ടിയായിരിക്കെ തന്നെ അദ്ദേഹത്തിന് നാം ജ്ഞാനം നൽകുകയും ചെയ്തു നമ്മുടെ പക്കൽ നിന്നുള്ള അനുകമ്പയും നൽകി തന്റെ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുന്നവനുമായിരുന്നു നിഷ്ഠൂരനും ജീവനോടെ എഴുന്നേൽപ്പിക്കപ്പെടുന്ന ദിവസവും അദ്ദേഹത്തിന് സമാധാനം വേദഗ്രന്ഥത്തിൽ മറിയവിനെപ്പറ്റിയുള്ള വിവരം നീ പറഞ്ഞു കൊടുക്കുക അവൾ തൻ്റെ വീട്ടുകാരിൽ നിന്നകന്ന് കിഴക്കുഭാഗത്തുള്ള ഒരു സ്ഥലത്തേക്ക് മാറി താമസിച്ച സന്ദർഭം എന്നിട്ട് അവർ കാണാതിരിക്കാൻ അവൾ ഒരു മറയുണ്ടാക്കി അപ്പോൾ നമ്മുടെ ആത്മാവിനെ അഥവാ ജിബരീലിനെ നാം അവളുടെ അടുത്തേക്ക് നിയോഗിച്ചു അങ്ങനെ അദ്ദേഹം അവളുടെ മുമ്പിൽ തികഞ്ഞ മനുഷ്യരൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടു അവൾ പറഞ്ഞു തീർച്ചയായും നിന്നിൽ നിന്ന് ഞാൻ പരമകാരുണ്നിൽ ശരണം പ്രാപിക്കുന്നു നീ ധർമ്മനിഷ്ഠയുള്ളവനാണെങ്കിൽ എന്നെ വിട്ട് മാറിപ്പോകൂനോ ജിബിരിയിൽ പറഞ്ഞു പരിശുദ്ധനായ ഒരു ആൺകുട്ടിയെ നിനക്ക് ദാനം ചെയ്യുന്നതിനു വേണ്ടി നിന്റെ രക്ഷിതാവ് അയച്ച ൂതൻ മാത്രമാകുന്നു ഞാൻ അവൾ പറഞ്ഞു എനിക്കെങ്ങനെ ഒരാൺകുട്ടിയുണ്ടാകും യാതൊരു മനുഷ്യനും എന്നെ സ്പർശിച്ചിട്ടില്ല ഞാൻ ഒരു ദുർനടപടിക്കാരിയായിട്ടുമില്ല അദ്ദേഹം പറഞ്ഞു കാര്യം അങ്ങനെ തന്നെയാകുന്നു അത് തന്നെ സംബന്ധിച്ചിടത്തോളം നിസ്സാരമായ ഒരു കാര്യമാണെന്ന് നിന്റെ രക്ഷിതാവ് പറഞ്ഞിരിക്കുന്നു ആ കുട്ടിയെ മനുഷ്യർക്കൊരു ദൃഷ്ടാന്തവും നമ്മുടെ പക്കൽ നിന്നുള്ള കാരുണ്യവും ആക്കാനും നാം ഉദ്ദേശിക്കുന്നു അത് തീരുമാനിക്കപ്പെട്ട ഒരു കാര്യമാകുന്നു അങ്ങനെ അവനെ ഗർഭം ധരിക്കുകയും എന്നിട്ട് അതുമായി അവൾ അകലെ ഒരു സ്ഥലത്ത് മാറി താമസിക്കുകയും ചെയ്തു അങ്ങനെ പ്രസവവേദന അവളെ ഒരു ഈന്തപ്പന മരത്തിൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നു അവൾ പറഞ്ഞു ഞാൻ ഇതിനു മുമ്പ് തന്നെ മരിക്കുകയും പാടെ വിസ്മരിച്ച് തള്ളപ്പെട്ടവളാകുകയും ചെയ്തിരുന്നുവെങ്കിൽ എത്രേന ഉടനെ അവളുടെ താഴ്ഭാഗത്തു നിന്ന് ഒരാൾ വിളിച്ചു പറഞ്ഞു നീ വ്യസനിക്കേണ്ട നിന്റെ താഴ്ഭാഗത്ത് ഒരു അരുവി ഉണ്ടാക്കി തന്നിരിക്കുന്നു നീ ഈന്തപ്പനമരം നിന്റെ അടുക്കലേക്ക് പിടിച്ചു കുലുക്കൊള്ളുക അത് നിനക്ക് പാകമായ ഈന്തപ്പഴം വീഴ്ത്തി തരുന്നതാണ് അങ്ങനെ നീ തിന്നുകയും കുടിക്കുകയും കണ്ണു കുളിർത്തിരിക്കുകയും ചെയ്യുക ഇനി നീ മനുഷ്യരിൽ ആരെയെങ്കിലും കാണുന്ന പക്ഷം ഇപ്രകാരം പറഞ്ഞേക്കുക പരമകാരുണികനു വേണ്ടി ഞാൻ ഒരു വ്രതം നേർന്നിരിക്കുകയാണ് അതിനാൽ ഇന്നു ഞാൻ ഒരു മനുഷ്യനോടും സംസാരിക്കുകയില്ല തന്നെ അനന്തരം കുട്ടിയേയും വഹിച്ചുകൊണ്ട് അവൾ തൻ്റെ ആളുകളുടെ അടുത്തു അവർ പറഞ്ഞു മറിയമേ മായ ഒരു കാര്യം തന്നെയാകുന്നു നീ ചെയ്തിരിക്കുന്നത് ഹേ ഹാറൂൻ്റെ സഹോദരി നിന്റെ പിതാവ് ഒരു ചീത്ത മനുഷ്യനായിരുന്നില്ല നിന്റെ മാതാവ് ഒരു ദുർനടപടിക്കാരിയുമായിരുന്നില്ല അപ്പോൾ അവൾ അവന്റെ നേരെ ചൂണ്ടിക്കാണിച്ചു അവർ പറഞ്ഞു തൊട്ടിലിലുള്ള ഒരു കുട്ടിയോട് ഞങ്ങൾ എങ്ങനെ സംസാരിക്കും കുട്ടി പറഞ്ഞു ഞാൻ അള്ളാഹുവിൻ്റെ ദാസനാകുന്നു അവൻ എനിക്ക് വേദഗ്രന്ഥം നൽകുകയും എന്നെ അവൻ പ്രവാചകനാക്കുകയും ചെയ്തിരിക്കുന്നു ഞാൻ എവിടെയായിരുന്നാലും എന്നെ അവൻ അനുഗ്രഹീതനാക്കിയിരിക്കുന്നു ഞാൻ ജീവിച്ചിരിക്കുന്ന കാലം അത്രയും നമസ്കരിക്കുവാനും ജക്കാത്ത് നൽകുവാനും അവൻ എന്നോട് അനുശാസിക്കുകയും ചെയ്തിരിക്കുന്നു അവൻ എന്നെ എന്റെ മാതാവിനോട് നല്ല നിലയിൽ പെരുമാറുന്നവനും ആക്കിയിരിക്കുന്നു അവൻ എന്നെ നിഷ്ഠൂരനും ഭാഗ്യം കെട്ടവനുമാക്കിയിട്ടില്ല ഞാൻ ജനിച്ച ദിവസവും മരിക്കുന്ന ദിവസവും ജീവനോടെ എഴുന്നേൽപ്പിക്കപ്പെടുന്ന ദിവസവും എൻ്റെ മേൽ ശാന്തിയുണ്ടായിരിക്കും അതത്രെ മറിയമിന്റെ മകനായ അവർ ഏതൊരു വിഷയത്തിൽ തർക്കിച്ചുകൊണ്ടിരിക്കുന്നുവോ അതിനെപ്പറ്റിയുള്ള യഥാർത്ഥമായ വാക്കത്രേ ഇത് ഒരു സന്താനത്ത് സ്വീകരിക്കുക എന്നത് അള്ളാഹുവിനുണ്ടാകാവുന്നതല്ല അവൻ എത്ര പരിശുദ്ധൻ അവൻ ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിനോട് എന്ന് പറയുക മാത്രം ചെയ്യുന്നു അപ്പോൾ അതുണ്ടാകുന്നു ഈസ പറഞ്ഞു തീർച്ചയായും അള്ളാഹു എന്റെയും നിങ്ങളുടെയും രക്ഷിതാവാകുന്നു അതിനാൽ അവനെ നിങ്ങൾ ആരാധിക്കുക ഇതത്രെ നേരെയുള്ള മാർഗം എന്നിട്ട് അവർക്കിടയിൽ നിന്ന് കക്ഷികൾ ഭിന്നിച്ചുണ്ടായി അപ്പോൾ അവിശ്വസിച്ചവർക്കത്രേ ഭയങ്കരമായ ഒരു ദിവസത്തിൻ്റെ സാന്നിധ്യത്താൽ വമ്പിച്ച നാശം അവർ നമ്മുടെ അടുത്തു വരുന്ന ദിവസം അവർക്ക് എന്തൊരു കേൾവിയും കാഴ്ചയുമായിരിക്കും പക്ഷേ ഇന്ന് ആ അക്രമികൾ പ്രത്യക്ഷമായ വഴികേടിലാകുന്നു നഷ്ടബോധത്തിന്റെ ദിവസത്തെപ്പറ്റി അഥവാ കാര്യം അന്തിമമായി തീരുമാനിക്കപ്പെടുന്ന സന്ദർഭത്തെപ്പറ്റി നീ അവർക്ക് താക്കീത് നൽകുക അവർ അശ്രദ്ധയിൽ അകപ്പെട്ടിരിക്കുകയാകുന്നു അവർ വിശ്വസിക്കുന്നില്ല തീർച്ചയായും നാം തന്നെയാണ് ഭൂമിയുടെയും അതിലുള്ളവയുടെയും അനന്തരാവകാശിയാകുന്നത് നമ്മുടെ അടുക്കലേക്ക് തന്നെയായിരിക്കും അവർ മടക്കപ്പെടുന്നത് േദഗ്രന്ഥത്തിൽ ഇബ്രാഹീമിനെ പറ്റിയുള്ള വിവരം നീ പറഞ്ഞുകൊടുക്കുക തീർച്ചയായും അദ്ദേഹം സത്യവാനും പ്രവാചകനുമായിരുന്നു അദ്ദേഹം തൻ്റെ പിതാവിനോട് പറഞ്ഞ സന്ദർഭം ശ്രദ്ധേയമാകുന്നു എന്റെ പിതാവെ കേൾക്കുകയോ കാണുകയോ ചെയ്യാത്ത താങ്കൾക്ക് യാതൊരു ഉപകാരവും ചെയ്യാത്ത വസ്തുവിനെ താങ്കൾ എന്തിനാ എന്റെ പിതാവ് തീർച്ചയായും താങ്കൾക്ക് വന്നു കിട്ടിയിട്ടില്ലാത്ത അറിവ് എനിക്ക് വന്നു കിട്ടിയിട്ടുണ്ട് ആകയാൽ താങ്കൾ എന്നെ പിന്തുടരൂ ഞാൻ താങ്കൾക്ക് ശരിയായ മാർഗം കാണിച്ചു തരാം എന്റെ പിതാവെ താങ്കൾ പിശാജിനെ ആരാധിക്കരുത് തീർച്ചയായും പിശാജ് പരമകാരുണികനോട് അനുസരണമില്ലാത്തവനാകുന്നു എന്റെ പിതാവെ തീർച്ചയായും പരമകാരുണികനിൽ നിന്നുള്ള വല്ല ശിക്ഷയും താങ്കളെ ബാധിക്കുമെന്ന് ഞാൻ ഭയപ്പെടുന്നു അപ്പോൾ താങ്കൾ പിശാജിന്റെ മിത്രമായിരിക്കുന്നതാണ് അയാൾ പറഞ്ഞു ഹേ ഇബ്രാഹിം നീ എന്റെ ദൈവങ്ങളെ വേണ്ടെന്ന് വെക്കുകയാണോ നീ ഇതിൽ നിന്ന് വിരമിക്കുന്നില്ലെങ്കിൽ ഞാൻ നിന്നെ കല്ലെറിഞ്ഞോടിക്കുക തന്നെ ചെയ്യും കുറെ കാലത്തേക്ക് നീ എന്നിൽ നിന്ന് വിട്ടുമാറിക്കൊള്ളണം ഇബ്രാഹിം പറഞ്ഞു താങ്കൾക്ക് സലാം താങ്കൾക്കു വേണ്ടി ഞാൻ എന്റെ രക്ഷിതാവിനോട് പാപമോചനം തേടാം തീർച്ചയായും അവൻ എന്നോട് ദയയുള്ളവനാകുന്നു ും നിങ്ങളെയും അള്ളാഹുവിന് പുറമെ നിങ്ങൾ പ്രാർത്ഥിച്ചു വരുന്നവയെയും ഞാൻ വെടിയുന്നു എന്റെ രക്ഷിതാവിനോട് ഞാൻ പ്രാർത്ഥിക്കുന്നു എന്റെ രക്ഷിതാവിനോട് പ്രാർത്ഥിക്കുന്നത് മൂലം ഞാൻ ഭാഗ്യം കെട്ടവനാകാതിരുന്നേക്കാം അങ്ങനെ അവരെയും അള്ളാഹുവിന് പുറമെ അവർ ആരാധിക്കുന്നവയെയും വെടിഞ്ഞ് അദ്ദേഹം പോയപ്പോൾ അദ്ദേഹത്തിന് നാം മകൻ ഇസ്ഹാത്തിനെയും പൗത്രൻ യാക്കൂബിനെയും നൽകി അവരെയൊക്കെ നാം പ്രവാചകന്മാരാക്കുകയും ചെയ്തു നമ്മുടെ കാരുണ്യത്തിൽ നിന്നും അവർക്ക് നാം നൽകുകയും അവർക്ക് നാം ഉന്നതമായ സൽകീർത്തി ഉണ്ടാക്കുകയും ചെയ്തു വേദഗ്രന്ഥത്തിൽ മൂസായെപ്പറ്റിയുള്ള വിവരവും നീ പറഞ്ഞുകൊടുക്കുക തീർച്ചയായും അദ്ദേഹം നിഷ്കളങ്കനായിരുന്നു അദ്ദേഹം ദൂതനും പ്രവാചകനുമായിരുന്നു പർവതത്തിന്റെ വലതുഭാഗത്ത് നിന്ന് നാം അദ്ദേഹത്തെ വിളിക്കുകയും രഹസ്യ സംഭാഷണത്തിനായി നാം അദ്ദേഹത്തിന് സാമീപ്യം നൽകുകയും ചെയ്തു നമ്മുടെ കാരുണ്യത്താൽ തൻറെ സഹോദരനായ ഹാറൂനിനെ ഒരു പ്രവാചകനായി അദ്ദേഹത്തിന് സഹായത്തിനായി നാം നൽകുകയും ചെയ്തു വേദഗ്രന്ഥത്തിൽ ഇസ്മായിലിനെ പറ്റിയുള്ള വിവരം നീ പറഞ്ഞു കൊടുക്കുക തീർച്ചയായും അദ്ദേഹം വാഗ്ദാനം പാലിക്കുന്നവനായിരുന്നു അദ്ദേഹം ദൂതനും പ്രവാചകനുമായിരുന്നു തൻ്റെ ആളുകളോട് നമസ്കരിക്കുവാനും ജക്കാത്ത് നൽകുവാനും അദ്ദേഹം കൽപ്പിക്കുമായിരുന്നു തൻ്റെ രക്ഷിതാവിൻ്റെ അടുക്കൽ അദ്ദേഹം പ്രീതി ലഭിച്ചവനായിരുന്നു വേദഗ്രന്ഥത്തിൽ പറ്റിയുള്ള വിവരം നീ പറഞ്ഞു കൊടുക്കുക തീർച്ചയായും അദ്ദേഹം സത്യവാനും പ്രവാചകനുമായിരുന്നു അദ്ദേഹത്തെ നാം ഉന്നതമായ സ്ഥാനത്തേക്ക് ഉയർത്തുകയും ചെയ്തിരിക്കുന്നു أُولَٰئِكَ ٱلَّذِينَ أَنْعَمَ ٱللَّهُ عَلَيْهِم مِّنَ ٱلنَّبِيِّينَ مِن ذُرِّيَّةِ ءَادَمَ وَمِمَّنْ حَمَلْنَا مَعَ نُوحٍ وَمِن ذُرِّيَّةِ إِبْرَاهِيمَ وَإِسْرَائِيلَ وَمِنَّ مِنَّا وَمِمَّنْ هَدَيْنَا وَٱجْتَبَيْنَا അള്ളാഹു അനുഗ്രഹം നൽകിയിട്ടുള്ള പ്രവാചകന്മാരത്രേ അവർ ആദമിന്റെ സന്തതികളിൽപ്പെട്ടവരും നോഹിനോടൊപ്പം നാം കപ്പലിൽ കയറ്റിയവരിൽപ്പെട്ടവരും ഇബ്രാഹിമിന്റെയും ഇസ്രായേലിന്റെയും സന്തതികളിൽപ്പെട്ടവരും നാം നേർവഴിയിലാക്കുകയും പ്രത്യേകം തെരഞ്ഞെടുക്കുകയും ചെയ്തവരിൽപ്പെട്ടവരുമത്രേ അവർ പരമകാരുണികൻ്റെ തെളിവുകൾ അവർക്ക് വായിച്ചു കേൾപ്പിക്കപ്പെടുന്ന പ്രണമിക്കുന്നവരും കരയുന്നവരുമായി അവർ താഴെ വീഴുന്നതാണ് എന്നിട്ട് അവർക്കു അവരുടെ സ്ഥാനത്ത് ഒരു പിൻതലമുറ വന്നു അവർ നമസ്കാരം പാഴാക്കുകയും തന്നിഷ്ടങ്ങളെ പിന്തുടരുകയും ചെയ്തു തന്മൂലം ദുർമാർഗത്തിന്റെ ഫലം അവർ കണ്ടെത്തുന്നതാണ് എന്നാൽ പശ്ചാത്തപിക്കുകയും വിശ്വസിക്കുകയും സൽക്കർമ്മം പ്രവർത്തിക്കുകയും ചെയ്തവർ ഇതിൽ നിന്നൊഴിവാകുന്നു അവർ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാണ് അവർ ഒട്ടും അനീതിക്ക് വിധേയരാവുകയില്ല പരമകാരുണികൻ തൻ്റെ ദാസന്മാരോട് അദൃശ്യമായ നിലയിൽ വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്ഥിരവാസത്തിനായുള്ള സ്വർഗത്തോപ്പുകളിൽ അവർ പ്രവേശിക്കും തീർച്ചയായും അവന്റെ വാഗ്ദാനം നടപ്പിൽ വരുന്നത് തന്നെയാകുന്നു അല്ലാതെ നിരർത്ഥകമായ യാതൊന്നും അവരവിടെ കേൾക്കുകയില്ല തങ്ങളുടെ ആഹാരം രാവിലെയും വൈകുന്നേരവും അവർക്കവിടെ ലഭിക്കുന്നതാണ് നമ്മുടെ ദാസന്മാരിൽ നിന്ന് ആർ ധർമ്മനിഷ്ഠ പുലർത്തുന്നവരായിരുന്നുവോ അവർക്കു നാം അവകാശപ്പെടുത്തി കൊടുക്കുന്ന സ്വർഗമത്രേ അത് നബിയോട് ജിബിരിയിൽ പറഞ്ഞു താങ്കളുടെ രക്ഷിതാവിന്റെ കൽപ്പനപ്രകാരമല്ലാതെ നാം ഇറങ്ങി വരുന്നതല്ല നമ്മുടെ മുമ്പിലുള്ളതും നമ്മുടെ പിന്നിലുള്ളതും അതിനിടയിലുള്ളതും എല്ലാം അവൻ്റെതത്രേ താങ്കളുടെ രക്ഷിതാവ് മറക്കുന്നവനായിട്ടില്ല ആകാശങ്ങളുടെയും ഭൂമിയുടെയും അവക്കിടയിലുള്ളതിന്റെയും രക്ഷിതാവത്രേ അവൻ അതിനാൽ അവനെ താങ്കൾ ആരാധിക്കുകയും അവനുള്ള ആരാധനയിൽ ക്ഷമയോടെ ഉറച്ചു നിൽക്കുകയും ചെയ്യുക അവന് പേരൊത്ത ആരെയെങ്കിലും താങ്കൾക്കറിയാമോ മനുഷ്യൻ പറയും ഞാൻ മരിച്ചു കഴിഞ്ഞാൽ പിന്നീട് എന്നെ ജീവനുള്ളവനായി പുറത്തു കൊണ്ടുവരുമോ മനുഷ്യൻ ഓർമ്മിക്കുന്നില്ലേ അവൻ ഒന്നുമല്ലാതിരുന്ന ഒരു ഘട്ടത്തിൽ നാമാണ് ആദ്യം അവനെ പടച്ചുണ്ടാക്കിയതെന്ന് എന്നാൽ നിന്റെ രക്ഷിതാവിനെ തന്നെയാണ് അവരെയും പിശാചുക്കളെയും നാം ഒരുമിച്ചു കൂട്ടുക തന്നെ ചെയ്യും പിന്നീട് മുട്ടുകുത്തിയവരായിക്കൊണ്ട് നരകത്തിന് ചുറ്റും അവനെ നാം ഹാജരാക്കുക തന്നെ ചെയ്യും പിന്നീട് ഓരോ കക്ഷിയിൽ നിന്നും പരമകാരുണികനോട് ഏറ്റവും കടുത്ത തിക്കാരം കാണിച്ചിരുന്നവരെ നാം വേർതിരിച്ചു നിർത്തുന്നതാണ് പിന്നീട് നരകത്തിൽ എരിയുവാൻ അവരുടെ കൂട്ടത്തിൽ ഏറ്റവും അർഹതയുള്ളവരെ പറ്റി നമുക്ക് നല്ലവണ്ണം അറിയാവുന്നതാണ് നരകത്തിനടുത്തു വരാത്തവരായി നിങ്ങളിൽ ആരും തന്നെയില്ല നിന്റെ രക്ഷിതാവിന്റെ ഖണ്ഡിതവും നടപ്പിലാക്കപ്പെടുന്നതുമായ ഒരു തീരുമാനമാകുന്നു അത് പിന്നീട് ധർമ്മനിഷ്ഠ പാലിച്ചവരെ നാം രക്ഷപ്പെടുത്തുകയും അക്രമികളെ മുട്ടുകുത്തിയവരായിക്കൊണ്ട് നാം വിട്ടേക്കുകയും ചെയ്യുന്നതാണ് സ്പഷ്ടമായ നിലയിൽ നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ അവർക്ക് വായിച്ചു കേൾപ്പിക്കപ്പെട്ടാൽ അവിശ്വസിച്ചവർ വിശ്വസിച്ചവരോട് പറയുന്നതാണ് ഈ രണ്ട് വിഭാഗത്തിൽ കൂടുതൽ ഉത്തമമായ സ്ഥാനമുള്ളവരും ഏറ്റവും മെച്ചപ്പെട്ട സംഘമുള്ളവരും ആരാണ് സാധന സാമഗ്രികളിലും ബാഹ്യമോടിയിലും കൂടുതൽ മെച്ചപ്പെട്ടവരായ എത്ര തലമുറകളെയാണ് ഇവർക്ക് മുമ്പ് നാം നശിപ്പിച്ചിട്ടുള്ളത്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 പരമകാരുണികൻ അവനോ അവധി നീട്ടിക്കൊടുക്കുന്നതാണ് അങ്ങനെ തങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകപ്പെടുന്ന കാര്യം അതായത് ഒന്നുകിൽ ശിക്ഷ അല്ലെങ്കിൽ അന്ത്യസമയം അവർ കാണുമ്പോൾ അവർ അറിഞ്ഞുകൊള്ളും കൂടുതൽ മോശമായ സ്ഥാനമുള്ളവരും കൂടുതൽ ദുർബലരായ സൈന്യവും ആരാണെന്ന് സന്മാർഗം സ്വീകരിച്ചവർക്ക് അള്ളാഹു സന്മാർഗനിഷ്ഠ വർദ്ധിപ്പിച്ചു കൊടുക്കുന്നതാണ് നിലനിൽക്കുന്ന സൽക്കർമ്മങ്ങളാണ് നിന്റെ രക്ഷിതാവിങ്കൽ ഉത്തമമായ പ്രതിഫലമുള്ളതും ഉത്തമമായ പരിണാമമുള്ളതും എന്നാൽ നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ അവിശ്വസിക്കുകയും എനിക്ക് സമ്പത്തും സന്താനവും നൽകപ്പെടുക തന്നെ ചെയ്യും എന്ന് പറയുകയും ചെയ്തവനെ നീ കണ്ടുപോ അദൃശ്യകാര്യം അവൻ കണ്ടറിഞ്ഞിട്ടുണ്ടോ അതല്ലെങ്കിൽ പരമകാരുണികന്റെ അടുത്ത് അവൻ വല്ല കരാറും ഉണ്ടാക്കിയിട്ടുണ്ടോ അല്ല അവൻ പറയുന്നത് നാം രേഖപ്പെടുത്തുകയും അവന് ശിക്ഷ കൂട്ടിക്കൊടുക്കുകയും ചെയ്യും അവൻ ആ പറയുന്നതിനെല്ലാം അഥവാ സ്വത്തിനും സന്താനത്തിനുമെല്ലാം നാം ആയിരിക്കും അനന്തരാവകാശിയാകുന്നത് അവൻ ഏകനായി കൊണ്ട് നമ്മുടെ അടുത്തു വരികയും ചെയ്യും അള്ളാഹുവിന് പുറമെ അവർ ദൈവങ്ങളെ സ്വീകരിച്ചിരിക്കുകയാണ് അവർ ഇവർക്ക് പിൻബലമാകുന്നതിന് വേണ്ടി അല്ല ഇവർ ആരാധന നടത്തിയ കാര്യം തന്നെ അവർ നിഷേധിക്കുകയും അവർ ഇവർക്ക് എതിരായിത്തീരുകയും ചെയ്യുന്നതാണ് സത്യനിഷേധികളുടെ നേർക്ക് അവരെ ശക്തിയായി ഇളക്കിവിടാൻ വേണ്ടി നാം പിശാചുക്കളെ അയച്ചുവിട്ടിരിക്കുകയാണെന്ന് നീ കണ്ടില്ലേ അതിനാൽ അവരുടെ കാര്യത്തിൽ നീ തിടുക്കം കാണിക്കേണ്ട അവർക്കായി നാം നാളുകൾ എണ്ണി എണ്ണിക്കൊണ്ടിരിക്കുക മാത്രമാകുന്നു ധർമ്മനിഷ്ഠയുള്ളവരെ വിശിഷ്ടാതിഥികൾ എന്ന നിലയിൽ പരമകാരുണികൻറെ അടുത്തേക്ക് നാം വിളിച്ചു കൂട്ടുന്ന ദിവസം കുറ്റവാളികളെ ായ നിലയിൽ നരകത്തിലേക്ക് നാം തെളിച്ചു കൊണ്ടുപോകുകയും ചെയ്യുന്ന ദിവസം ആർക്കും ശുപാർശ ചെയ്യാൻ അധികാരമുണ്ടായിരിക്കുകയില്ല പരമകാരുണികനുമായി കരാറുണ്ടാക്കിയിട്ടുള്ളവനൊഴികെ ൻ ഒരു സന്താനത്ത് സ്വീകരിച്ചിട്ടുണ്ടെന്ന് അവർ പറഞ്ഞിരിക്കുന്നു തീർച്ചയായും നിങ്ങൾ ചെയ്തിരിക്കുന്നത് ഗുരുതരമായ ഒരു കാര്യമാകുന്നു അതുനിമിത്തം ആകാശങ്ങൾ പൊട്ടിപ്പിളരുകയും ഭൂമി വിണ്ടുകീറുകയും പർവ്വതങ്ങൾ തകർന്നു വീഴുകയും ചെയ്യുമാറാകും അതെ പരമകാരുണികന് സന്താനമുണ്ടെന്ന് അവർ വാദിച്ചതു നിമിത്തം സന്താനത്ത് സ്വീകരിക്കുക എന്നത് പരമകാരുണികന് അനുയോജ്യമാവുകയില്ല ആകാശങ്ങളിലും ഭൂമിയിലുമുള്ള ഏതൊരാളും ഒരു ദാസനെന്ന നിലയിൽ പരമകരുണികൻ്റെ അടുത്ത് വരുന്നവൻ മാത്രമായിരിക്കും തീർച്ചയായും അവരെ അവൻ തിട്ടപ്പെടുത്തുകയും എണ്ണി കണക്കാക്കുകയും ചെയ്തിരിക്കുന്നു അവരോരോരുത്തരും ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ ഏകാഗിയായിക്കൊണ്ട് അവൻ്റെ അടുക്കൽ വരുന്നതാണ് ൾ പ്രവർത്തിക്കുകയും ചെയ്തവരാരോ അവർക്ക് പരമകാരുണികൻ സ്നേഹമുണ്ടാക്കി കൊടുക്കുന്നതാണ് തീർച്ചയായും لِيُبَشِّرَ بِهِ الْمُتَّقِينَ وَيُنذِرَ بِهِ قَوْمًا لَّدًّا اي قران നിന്റെ ഭാഷയിൽ നാം ലളിതമാക്കി തന്നിരിക്കുന്നു ധർമ്മനിഷ്ഠയുള്ളവർക്ക് ഇതുമുഖേന നീ സന്തോഷവാർത്ത നൽകുവാൻ മർകടമുഷ്ടിക്കരായ ആളുകൾക്ക് ഇതുമുഖേന നീ താക്കീത് നൽകുവാൻ വേണ്ടി മാത്രമാകുുന്നു വ അ കം അഹലക്നാ ഖബ്ലഹും മി ഇവർക്കു മുമ്പ് എത്ര തലമുറകളെ നാം നശിപ്പിച്ചിട്ടുണ്ട് അവരിൽ നിന്ന് ആരെയെങ്കിലും നീ കാണുന്നുണ്ടോ അഥവാ അവരുടെ നേരിയ ശബ്ദമെങ്കിലും നീ കേൾക്കുന്നുണ്ടോ